തീർച്ചയായും മനുഷ്യർക്ക് സത്യവുമായി ഈ വേദഗ്രന്ഥം നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അതിനാൽ ആരെങ്കിലും നേർവഴിയിലായാൽ അത് സ്വന്തം നന്മയ്ക്കു വേണ്ടിയാണ് ആരെങ്കിലും വഴിപിഴച്ചാൽ അത് സ്വന്തം നാശത്തിനുവേണ്ടിയുമാണ് നീ അവരുടെ മേൽ ചുമതലപ്പെട്ടവനല്ല